മുസാഹിസ്ലാം തൻറെ ജനതയോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹു സുബഹാനഹുവലയുടെ സഹായം തേടുകയും ക്ഷമിക്കുകയും ചെയ്യുക തീർച്ചയായും ഭൂമി അള്ളാഹു സുബ്ഹാനുഹു വാലയുടേതാണ് അവൻറെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് അവകാശപ്പെടുത്തി നൽകും അന്തിമ വിജയം ഭയഭക്തിയുള്ളവർക്കായിരിക്കും